അങ്ങനെ അദ്ദേഹം അവർക്ക് വെള്ളം നൽകി പിന്നീട് അദ്ദേഹം തണലിലേക്കുമടങ്ങി ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവെ അള്ളാഹുസുബഹാനഹുവ താലാ നീയനിക്കിറക്കിത്തരുന്ന ഏതൊരു അനുഗ്രഹത്തിനും ഞാൻ തീർച്ചയായും ദരിദ്രനാണ്